ുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒൻപത് പത്ത് ഈ മൂന്ന് അധ്യായങ്ങളാണല്ലോ നമ്മൾ പഠിക്കുന്നത് നമ്മളതിൻ്റെ മത്തായി എഴുതിയ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ തുടക്കത്തിൽ കാണുന്നത് യേശു മലയിൽ നിന്നിറങ്ങി വന്നാറേ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കുഷ്ഠരോഗിയായ ഒരുവൻ അവൻ്റെ മുൻപിൽ വന്നവനെ നമസ്കരിച്ചു എന്നിട്ട് കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന പറഞ്ഞു കർത്താവ് ഉടനെ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ തൊട്ടു തൊട്ട് കഴിഞ്ഞ് അതിനെ തുടർന്ന് അവൻ്റെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് പറഞ്ഞു നീയ സൗഖ്യമായല്ലോ നീയ സാക്ഷ്യത്തിനായി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്ക എന്ന് പറയുന്ന ഒരു കേവലം നാല് വാക്യങ്ങൾ മാത്രമുള്ള ഒരു സംഭവത്തോടെയാണ് മത്തായി എട്ടാമ്യായം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇതൊരു ചെറിയ സംഭവമാണെങ്കിലും ഇത് ഇതിൽ വലിയൊരു ആത്മീയ സത്യം അടങ്ങിയിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തു താന് തൻ്റെ അടുത്തേക്ക് കുഷ്ഠരോഗി വരുന്നു കുഷ്ഠരോഗി അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മറ്റാരുമായിട്ടും ബന്ധപ്പെടാനായിട്ട് പാടില്ല മറ്റാരെങ്കിലും അവനുമായിട്ട് ബന്ധപ്പെട്ടാൽ അവനും അശുദ്ധനായി തീരും എന്നാൽ ഇവിടെ വിശുദ്ധനായ കർത്താവ് അശുദ്ധനായ കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ ആ അശുദ്ധനായ കുഷ്ഠരോഗി ശുദ്ധനായി തീരുകയായിരുന്നു അല്ലാതെ കർത്താവ് അശുദ്ധനായി തീരുകയല്ലായിരുന്നു നോക്കുക കർത്താവായ യേശു ആ നിലയിൽ അവനെ സൗഖ്യമാക്കി എന്നാൽ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം യേശുവിന് വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ടിവിനെ സൗഖ്യമാക്കാമായിരുന്നല്ലോ എന്തിനാണ് അവിടുന്ന് ഈ കുഷ്ഠരോഗിയെ തൊട്ടത് അല്ലെങ്കിൽ അവിടുന്ന് ഈ കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറ്റിക്കഴിഞ്ഞിട്ടല്ല തന്നെ തൊട്ടത് അവൻ കുഷ്ഠരോഗിയായിരിക്കുമ്പോൾ തന്നെ അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ തൊട്ടു തുടർന്നാണ് അവനെ ശുദ്ധമാകുന്നത് ഇത് കാണിക്കുന്നത് നമ്മൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ അവരായിരിക്കുന്ന പാപത്തെ കുഷ്ഠത്തോടെ ചേർത്ത് പറയാറുണ്ടല്ലോ അങ്ങനെ പാപകുഷ്ടത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ ജ്ഞാന വിശുദ്ധൻ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന ഒരു കാഴ്ചപ്പാടല്ല കർത്താവിൻ്റെത് കർത്താവ് എന്താ അവരുടെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവരായിരിക്കുന്ന ഒരു തലത്തിലേക്ക് കർത്താവും ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കുന്നു അവരെ തൊടുന്നു ഈ തന്നെ തൊട്ട താൻ കുഷ്ടരോഗിയായിരിക്കന്നെ തന്നെ തൊട്ട ഈ യേശുവിനെ ആ കുഷ്ഠരോഗി ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും മറന്നിട്ടുണ്ടാവുകയില്ല പ്രിയപ്പെട്ടവര് ഇത് നമുക്ക് തരുന്ന പാഠമെന്തെന്ന് വെച്ചാൽ ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ അനുദപിച്ചവരും അവർ യഥാർത്ഥത്തിൽ പാപകുഷ്ഠത്തിൽ നിന്ന് വിടുതല് നേടാൻ ആഗ്രഹിക്കുന്നവരും കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിപ്പാൻ തയ്യാറുള്ളവരുമാണെങ്കിൽ അവരുടെ ആ പശ്ചാത്തലം അതെത്ര മോശപ്പെട്ടതായാലും അതെത്ര ആ നിലയിൽ ദരിദ്രമായാലും നമ്മൾ അവരുടെ ആ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നവരെ ഉൾക്കൊള്ളുന്ന ഒരു പാഠം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു ഇത് ഒരിക്കലും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രാദേശിക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം നമുക്കൊരു വിധത്തിലും അന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് സമൂഹം അംഗീകരിക്കാത്ത ഒരു കുടുംബം വന്നപ്പോൾ ഈ ഭാഗം അന്ന് ഞങ്ങളോട് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവർ പറഞ്ഞു വരുന്നത് കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിലുടനീളം അവിടുന്ന് ഒരു ഇൻകാർണേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ജീവിച്ചത് എന്ന് വെച്ചാൽ എന്താ അവിടുന്ന് ദൈവമായിരിക്കെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു അവിടത്തേക്ക് വേണമെങ്കിൽ സ്വർഗത്തിലിരുന്നു തന്നെ ഈ വീണുപോയ മനുഷ്യനെ നേടാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കാമായിരുന്നല്ലോ പക്ഷെ അവിടെ എന്തു ചെയ്തു അവിടുന്ന് ഭൂമിയിലെ മനുഷ്യനായിട്ട് താൻ ആരെ രക്ഷിപ്പനായിട്ട് വന്നോ അവരുടെ ഒരു തലത്തിലേക്ക് താൻ തന്നെ ഇറങ്ങി വന്നു അതാണ് അവതാരത്തിൻ്റെ ആ പ്രമാണമെന്ന് പറയുന്നത് ഇവിടെയും ആ ഇൻകാർണേഷൻ പ്രിൻസിപ്പിള് കർത്താവ് കൈക്കൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും ആ കുഷ്ഠരോഗി തൻ്റെ വന്നു താൻ അവനെ തൊട്ടു അവൻ്റെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ സ്വീകരിക്കുന്നു കർത്താവ് പല ഈ നിലയിൽ ചെയ്യുന്നത് കാണാം യോഹനാൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യഭിചാരത്തിലെ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ സമൂഹം സാധാരണ നിലയിൽ അകറ്റി നിർത്തുന്നവൾ പക്ഷേ കർത്താവ് വളരെ അനുകമ്പയോടെ കരുണയോടെ അവളുടെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളെ മനസ്സിലാക്കുന്നു അപ്പം തന്നെ മേലിൽ പാപം ചെയ്യരുത് എന്ന കർശനമായ ഒരു നിലപാട് താൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു യോഹനാൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തഞ്ചാമത്തെ വാക്യം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വരെ പരിചിതമായ ഒരു വാക്യമാണ് എന്താണത് യേശു കണ്ണുനീർ വാർത്തു അതായത് മാർത്തയും മറിയും അവരെ അവരുടെ സഹോദരനെ ചൊല്ലി കരയുന്നത് കണ്ടപ്പോൾ യേശു ആ ലാസറിനെ മരിച്ചു നാല് നാളായ ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് താൻ തിരിച്ച് ജീവനിലേക്ക് വരുമെന്നറിയാം എങ്കിലും മരിച്ചു സഹോദരനെക്കുറിച്ച് സഹോദരിമാർ വിലപിക്കുന്ന കേട്ടപ്പോൾ യേശുവും അവരുടെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അവരോടൊപ്പം കണ്ണുനീർ പാർക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മളും കർത്താവിൻ്റെ ശരീരമെന്നുള്ള നിലയിൽ സഭയായിട്ട് പ്രാദേശിക സഭയായിട്ട് നിൽക്കുമ്പോൾ നമ്മളും നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ അംഗീകരിക്കാനും അവരുടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കാനും അവരെ ഉൾക്കൊള്ളാനും തയ്യാറാവണം പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മളിതൊരു ചാരിറ്റിയല്ലേ ഒരു സാമൂഹ്യ സേവനം പോലെ പാവപ്പെട്ടവരെ എല്ലാം ആ നിലയിലല്ല യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് വരാൻ അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരാനും കർത്താവിൻ്റെ മുമ്പാകെ നമസ്കരിക്കാനും തൻ്റെ പാപകുഷ്ഠം മാറാനുള്ള ഒരു ആഗ്രഹവും ഇതുള്ളവരെ മാത്രമാണ് നമ്മൾ എന്തു ആ നിലയിൽ ആ അവതാരത്തിൻ്റെ ആ പ്രമാണം അനുസരിച്ച് അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും എന്നൊരു കാര്യം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം നമ്മൾ തുടർന്ന് വായിക്കുന്നത് കഫർണഹൂമിലെത്തിയപ്പോൾ ഒരു റോമൻ ശതാധിപൻ വന്നു അവൻ്റെ വിശ്വാസത്തെ കർത്താവ് അഭിനന്ദിക്കുന്നതായിട്ട് കാണുന്നു കർത്താവ് കണ്ടോ കർത്താവ് റോമൻ ശതാധിപൻ അവൻ്റെ വിശ്വാസം അവൻ പറഞ്ഞപ്പോൾ യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് അതിൻ്റെ പത്താമത്തെ വാക്യം ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവിടെ കർത്താവിനെ ഒരാളെ പരസ്യമായിട്ട് അഭിനന്ദിക്കാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളാണെങ്കിൽ ചിലപ്പം വിചാരിക്കും ആ നമ്മളങ്ങനെ പരസ്യമായിട്ടൊക്കെ ഇയാളെ പ്രത്യേകിച്ച് വിജാതീയനായ ഒരാളെ അഭിനന്ദിച്ചാൽ അത് ശരിയാകുമോ അത് മറ്റുള്ളവർക്ക് ഇടർച്ചയാകുമോ അല്ലെങ്കിൽ അയാൾ തന്നെ അത് മൂലം അങ്ങ് തല ചേർത്ത് കുഴപ്പമായി തീരുമോ എന്നൊക്കെ നമ്മൾ സംശയിക്കാം എന്നാൽ കർത്താവ് ഈ വിജാതീയനായ റോമൻ ശതാധിപനെ അവന്റെ വിശ്വാസത്തെ അഭിനന്ദിപ്പാൻ കർത്താവിന് മടി ഉണ്ടായിരുന്നില്ല ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത് തൻ്റെ അടുത്ത് യോ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വചനം നോക്കുക ആ അടുത്ത് ആദ്യം നഥനയിൽ ആഹ് ശിഷ്യനായി തീർന്ന നഥനയില് കർത്താവിനെ ആദ്യമായിട്ട് സമീപിക്കുമ്പോൾ കർത്താവ് അവനെക്കുറിച്ച് പറഞ്ഞത് എന്താ ഇതാ കപടമില്ലാത്ത ഒരു മനുഷ്യനാണിവൻ ഏർ ഇവൻ കപടമില്ല സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് അവനെ അഭിനന്ദിക്കുന്നു അവനെ അംഗീകരിക്കുന്നു മത്തായി എഴുതി സുശേഷം പതിനാറാം അധ്യായത്തിന്റെ ഏർ പതിനേഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ആ ഭാഗത്ത് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു നിങ്ങൾ എന്താ എന്നെ ചിന്തിക്കുന്നത് ഉടനെ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാ പറഞ്ഞു ഉടനെ കർത്താവ് അവനെ പതിനാറിൻ്റെ പതിനേഴിൽ അവനെ അഭിനന്ദിച്ച് ഇങ്ങനെ പറയുന്നു ബറിയോന നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗത്തിലെ എൻ്റെ പിതാവ് തന്നെയാണ് ഈ സത്യം നിനക്ക് വെളിപ്പെടുത്തി തന്നത് പറയുന്നു കണ്ടോ അപ്പോൾ കർത്താവിന് ആളുകളെ ആ നിലയില് അഭിനന്ദിക്കാനായിട്ട് മടി ഉണ്ടായിരുന്നില്ല നമ്മൾ തുടർന്ന് ആ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് മുതലേ ഇരുപത്തിയേഴ് വരെ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് പ കയറി എന്നാൽ ആ പ പടകിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി കർത്താവ് ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ കർത്താവിനെ ഉണർത്തി ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞവനെ ഉണർത്തി ഉണർത്തിയപ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച ആ രംഗം ആ രംഗം കർത്താവ് സാക്ഷാൽ ദൈവമായിരുന്നു അതുപോലെ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് പറയുമല്ലോ കർത്താവിൻ്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ഒരേപോലെ പ്രകടമാകുന്ന ഒരു ഭാഗമാണ് ഈ കൊച്ചു സംഭവം അവിടെ യേശു പടകിൽ കിടന്ന് ഉറങ്ങി ആ ഉറക്കം കർത്താവിൻ്റെ മനുഷ്യത്വത്തെ പ്രദർശിപ്പിക്കുന്നു എന്നാൽ ആ കാറ്റിനെയും കോളിനെയും ശാസിച്ചതോ അത് യേശുവിൻ്റെ ദൈവത്വത്തെ പ്രകാശിപ്പിക്കുന്നു കണ്ടോ ഒരു ചെറിയ സംഭവമാണ് പക്ഷേ യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ള കാര്യം ഈ ഒരൊറ്റ സംഭവത്തിലൂടെ അത് വ്യക്തമാകുന്നു മത്ത ഏഴു ദിവസത്തിനു ശേഷം എട്ടാം അവസാന ഭാഗത്ത് മറ്റൊരു സംഭവമാണ് പറയുന്നത് യേശു യോർദാൻ നദി കുറുകെ കടന്നതിൻ്റെ കിഴക്കൻ പ്രദേശമായ ഗദരന്യരുടെ ദേശത്ത് ഗ്രസേന്യരുടെ ദേശത്തെത്തി അവിടെ എത്തിയപ്പോൾ രണ്ട് ഭൂതഗ്രസ്ഥർ വന്നു അവരെ എന്തു ചെയ്തു യേശു സൗഖ്യമാക്കുന്നു സൗഖ്യമാക്കിയത് പന്നിക്കൂട്ടത്തിലേക്ക് അവരുടെ മേലുള്ള ആ നിലയിലുള്ള സാധാന്യ ശക്തികളെ ഭൂതങ്ങളെ പറഞ്ഞു വിട്ടുകൊണ്ടാണ് ആ ഭൂതങ്ങളെ പന്നിക്കൂട്ടത്തിൽ കടന്നപ്പോൾ ആ കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് ചാടി വെള്ളത്തിൽ മുങ്ങിച്ചത്തു ഉടനെ മേയ്ക്കുന്നവർ ഓടി ഉടമസ്ഥരോടും നാട്ടുകാരോടും പറഞ്ഞു അവരെ പട്ടണമെല്ലാം യേശുവിൻ്റെ എതിരെ ചെന്ന് യേശുവിൻ്റെ എതിരെ ചെന്നു എന്നാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് ഞങ്ങളുടെ അതിർ വിട്ടു പോകണം എന്നവിടത്തോട് അപേക്ഷിച്ചു അവിടുന്ന് അങ്ങനെ ചെയ്തു ഈ കാര്യമാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ രസമുള്ള നമ്മൾ ശ്രദ്ധിച്ചാൽ ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് സൂചന നൽകുന്നുണ്ട് ഈ പറയുന്ന പ്രദേശമെന്ന് പറയുന്നത് അത് ഒരു കാലത്ത് ഇസ്രായേൽ മക്കളെ ദൈവം ിശ്രൈമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നപ്പോൾ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു ആഗ്രഹം അവരെ മുഴുവൻ യോർദ്ധാന് നദിയുടെ അക്കരെ കൊണ്ടുപോയി അവർക്ക് ആ വാഗ്ദത്ത ഭൂമി കൊടുക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ നമ്മൾ സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം പ്രത്യേകിച്ച് അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ നോക്കുക ഇസ്രായേൽ മക്കളെ അന്ന് മോശം നടത്തി കൊണ്ടുവന്നപ്പോൾ അവർ ഈ യോർദാൻ നദിയുടെ കിഴക്കേക്കരയിലുള്ള പുല്ലുള്ള പ്രദേശം കണ്ടപ്പോൾ രണ്ട് ഗോത്രങ്ങൾ അതായത് രൂപേന്യരും ഗാദ്യരും പറഞ്ഞു മോശെ ഒരു കാര്യം ചെയ്യാമോ ഇവിടെ നല്ല പുല്ലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ നീ പറയുന്ന ആ കനാലിലേക്ക് വാദ്യത്തെ കനാലിലേക്ക് വരുന്നില്ല ഞങ്ങൾ ഇവിടെ അങ്ങ് താമസിച്ചോളാം എന്നാ പറഞ്ഞു ഉടനെ മോശയ്ക്ക് അനിഷ്ടമായി പിന്നീട് ആ മുപ്പത്തിരണ്ടാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവർ ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് പോലെ ശരി നിങ്ങൾ യോർദാൻ്റെ ആ പടിഞ്ഞാറേക്കരയിൽ വന്ന് അവിടെയുള്ള ആളുകളോട് യുദ്ധം ചെയ്ത് മറ്റുള്ള ഗോത്രങ്ങൾക്ക് അവരുടെ സ്ഥലമൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത്ര നിർബന്ധമാണെങ്കിൽ വന്ന് ഈ നദിയുടെ ഇക്കരെ നിങ്ങൾ താമസിച്ചു എന്ന് മോശ ആ നിലയിലെ ദൈവത്തോട് ചോദിച്ചതിന് ശേഷം പറയും ദൈവത്തിൻ്റെ പൂർണ്ണഹിതം എന്ന് പറയുന്നത് ഇവരെ എല്ലാം അക്കരെ കൊണ്ടുപോകണമെന്നായിരുന്നു എന്നാൽ ഇവരിങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ഇല്ലെന്നും പെർമിസീവ് ഇല്ലെന്നും അതായത് പൂർണ്ണഹിത പൂർണ്ണ ഹിതമെന്നും ഹിതമെന്നും നമ്മൾ പറയാറുണ്ടല്ലോ ആ അനുവദനീയമായ ഹിതമനുസരിച്ച് ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം യുദ്ധമെല്ലാം കഴിഞ്ഞിക്കര നിങ്ങൾ താമസിക്കുന്നെങ്കിൽ താമസിച്ചോളുക എന്നാണ് പറഞ്ഞു അവരത് സമ്മതിച്ചു അവർ അങ്ങനെ രൂപേന്യരും ഗാദ്യരും അതുമാത്രമല്ല നേരം മുപ്പത്തിരണ്ടാമധ്യായം സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഒടുവ് നമ്മൾ വായിക്കുമ്പോൾ രൂപന്യരും ഗാദ്യരും മാത്രമല്ല മനശയിലെ പകുതി ഗോത്രങ്ങളും കൂടെ അവരും ആടുമാടുകൾക്ക് നല്ല പുല്ലുള്ള പ്രദേശമാണെന്നും പറഞ്ഞ് അവിടെ തങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം സാക്ഷാൽ ദൈവപുത്രൻ ഈ പ്രദേശത്ത് വന്നപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്യുന്നത് ആ പ്രദേശത്തുള്ളവരെ പന്നിയെ മേയിക്കുക ചെയ്യുന്നത് പന്നി എന്ന് പറയുന്നത് യഹൂദന് അറപ്പുള്ള കാര്യമാണ് അശുദ്ധമായ മൃഗമാണ് ലേവിയ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം നോക്കുക പന്നി എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അശുദ്ധമായ മൃഗമാണ് ഇവര് രൂപേന്യരും ഗാദിരും മനുഷ്യരുടെ പാതിഗോത്രവും ആടിനെ മേയിക്കാനായിട്ടാണ് ഇക്കര നിന്നത് പക്ഷേ ഇപ്പോൾ ദൈവപുത്രൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം ചെന്നപ്പോൾ അവരെന്താ ചെയ്യുന്നത് അവരെ യഹൂദന അറപ്പായ പന്നിയെ മേയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നു മാത്രമല്ല അവരുടെ നാട്ടിൽ രണ്ട് ഭൂതഗ്രസ്ഥരെ കർത്താവ് വലിയ സൗഖ്യം കൊടുത്ത് അത്ഭുതകരമായിട്ട് അവരെ വിടുവിച്ചിട്ടും അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതാണ് നമ്മളെ കാണുന്നത് കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ രൂപേന്യരും ഗാന്ദ്യരും മനുഷ്യരുടെ പാതിഗോത്രവും ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് അവരവരുടേതായ നേട്ടം നോക്കി ഈ പ്രദേശത്ത് താമസിച്ചു പക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അവര് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് വിരുദ്ധമായി പന്നിയെ മേയിക്കുന്നവരും ദൈവപുത്രന്റെ അത്ഭുതങ്ങളെ ഉൾക്കൊള്ളാനൊക്കാതെ വണ്ണം ഞങ്ങളുടെ ദേശത്തുനിന്ന് പോണേ എന്നപേക്ഷിക്കത്തക്കവണ്ണം കഠിന ഹൃദയരും ആയി മാറി പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചില കാര്യങ്ങളിലേക്ക് നടത്തുമ്പോ അത് പൂർണമായി ഉൾക്കൊണ്ട് അതിന് ഒരു വില കൊടുത്ത് നമ്മളെ പോകാതെ അന്നേരത്തെ നേട്ടം നോക്കി ഞങ്ങൾ കാടിനെ മേയ്ക്കാനുണ്ട് ഇവിടെ പുല്ലുണ്ട് എന്നൊക്കെ നോക്കി നമ്മൾ ഒരിടത്ത് നിന്നാൽ ചില നാളുകൾ കഴിയുമ്പോ അല്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ കാലം വരുമ്പോ അവരെ ദൈവികമായ പ്രമാണങ്ങളെ ഉപേക്ഷിച്ചു പോകും ചിലര് കണ്ടിട്ടില്ലേ ചില ആ നിലയിലൊക്കെ ഉള്ള ചില പൗരോഹിത്യ സഭകളിൽ നിന്ന് വീണ്ടും ജനാനുഭവം ഉണ്ടായ ചില ആളുകൾ അവരൊക്കെ യഥാർത്ഥത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ട് പുതിയ നിയമസഭയുടെ ഭാഗമായിട്ട് വരേണ്ടവർ തൽക്കാലത്തെ ചില അവരുടെ ചില മാന്യതകളൊക്കെ ആലോചിച്ച് ദൈവം അവരെ നിൽക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ നദിയുടെ അങ്ങേക്കരയിൽ അങ്ങ് താമസം ഉറപ്പിച്ചാൽ എന്ത് സംഭവിക്കാം കുറച്ച് കഴിയുമ്പോൾ ഈ സംഭവം ഈ ഗതരദേശക്കാർക്ക് സംഭവിച്ച ആ കാര്യം അത് ചിലപ്പോൾ അവർക്ക് സംഭവിക്കാം കണ്ടോ ദൈവവചനം ഇത് നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ആ നിലയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം പകുതി തങ്ങി നിന്ന് പോകരുത് പകുതി തങ്ങി നിന്ന് പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ തലമുറകൾ എത്തിച്ചേരുകയില്ല കൊടുക്കേണ്ട വില കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ഇതൊക്കെയാണ് ഈ ഒരു സംഭവം നമ്മളോട് പറയുന്നത് ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ത്രൂ ദ ബൈബിളിൽ അതിൻ്റെ ഒരു ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഒടുവിൽ പറയുന്ന ഒരു സംഭവമാണ് വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് പരാമർശിക്കുന്നത് യേശു അതിൻ്റെ ഇരുപത്തേഴ് മുതൽ ഒൻപതിൻ്റെ ഇരുപത്തേഴ് മുതൽ യേശു കടന്നു പോകുമ്പോൾ രണ്ട് കുരുടന്മാർ വന്ന് ദാവീത് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നപേക്ഷിച്ചു കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവരുടെ വിശ്വാസം അപ്പോൾ എന്തായിരുന്നു യേശുവിന് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കാനായിട്ട് കഴിയും എന്നായിരുന്നു അവരുടെ വിശ്വാസം കാരണം കർത്താവ് പറഞ്ഞല്ലോ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ കണ്ണ് തുറന്നത് എന്നാൽ ഇങ്ങനെ സങ്കല്പിക്കുക അവരിൽ അവർക്കിങ്ങനെയായിരുന്നു താല്പര്യം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം യേശുവിന് രണ്ട് കണ്ണും തുറക്കാനൊക്കെയല്ല ഒരു കണ്ണ് മാത്രമേ തുറക്കാനൊക്കെ ഉള്ളൂ എന്നായിരുന്നു വിശ്വസിച്ചതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ അവരുടെ ഒരു കണ്ണ് മാത്രമേ തുറക്കുമായിരുന്നുള്ളൂ ഈ ഭാഗം പറഞ്ഞിട്ട് നമ്മളെ ത്രിദ ബൈബിളിൽ ഒരു രസകരമായ ഒരു ഉദാഹരണം പറയുന്നു ഇന്ന് കർത്താവ് പാപത്തിൽ നിന്നുള്ള സമ്പൂർണമായ വിടുതല് റോമർക്കെഴുതിയ ലേഖനം ആറാമത്തെ ആയം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഞാൻ കൃപയ്ക്ക് അധീനനാകിയാൽ പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല ഇത് ദൈവം ദൈവം നമ്മുടെ രണ്ട് കണ്ണും തുറക്കാം എന്ന് പറയുന്നത് നൽകുന്ന ഒരു വാഗ്ദാനമാണ് എന്നാൽ നമ്മളത് സ്വീകരിക്കുന്നില്ല കർത്താവിന് പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ നരക ശിക്ഷയിൽ നിന്ന് വിടുവയ്ക്കാനേ കഴിയുള്ളൂ എന്ന് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ എന്നാൽ പാപത്തിൻ്റെ മേലെ ആ നിലയിൽ ജയമുള്ള ഒരു ജീവിതത്തിലേക്കും റോമർ ആറ് പതിനാലനുസരിച്ച് കർത്താവിന് നടത്താൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം പോലെ നടക്കും അതുകൊണ്ട് ദൈവവചനത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ കണ്ണ് തുറക്കുകയല്ല നമുക്ക് അല്ല അതിൻ്റെ ആത്മീകമായ അർത്ഥം നമുക്ക് പാപത്തിൽ നിന്ന മേൽ ജയമുള്ള ഒരു ജീവിതം അതും കർത്താവ് തരും അത് ഇന്ന് പലരും വിശ്വസിക്കുന്നില്ല അവരിൽ പലരും വിശ്വസിക്കുന്നത് കർത്താവിന് നരകത്തിൽ നിന്ന് വിടുവിക്കാനേ കഴിയുള്ളൂ വീണ്ടും ഞാൻ മാത്രം ആ അങ്ങനെ ചിന്തിച്ചാൽ അത് മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം പോലെയാ നമുക്ക് നടക്കുന്നത് എന്നുള്ളത് യൂതയുടെ ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ യൂതായുടെ ലേഖനം അഞ്ചാമധ്യായം കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു യൂത അഞ്ചാമത്തെ വാക്യം അങ്ങനെയാണ് പറയുന്നത് ഇതാരെ കുറിച്ചാണ് പറയുന്നത് ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു വിടുവിച്ചപ്പോൾ അവർ വിശ്വസിക്കാത്തതുകൊണ്ട് അവർക്കതിൻ്റെ പൂർണ്ണ രക്ഷയിലെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അപ്പൊ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നമുക്ക് നടക്കുന്നത് ഇവിടെ നോക്കുക ഈ ഇസ്രായേൽ മക്കള് അവരെ രക്ഷിക്കപ്പെടുന്നതിന്റെ നിഴലായിട്ട് ചോരത്തളിയും പെസഹായും ഒക്കെ ആചരിച്ചവരാണ് നമ്മൾ ഒന്നുകൊരുന്തൃർ പത്താം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ ഇത് കാണുന്നുണ്ടല്ലോ പക്ഷെ അവരിൽ ദൈവം പിന്നീട് ഏർ വീണ്ടും ജനാനുഭവം ഉണ്ടായവരാണ് അവരെ എന്ത് അവരെ പൂർണ്ണ ഒരു വിശ്വാസത്തിലേക്ക് വരാഞ്ഞത് ദൈവം അവർക്കായിട്ട് ഒരുക്കിയിരുന്ന ആ പൂർണതയിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് വൺ സേവ്ഡ് ഓൾവെയ്സ് സേവ്ഡ് എന്നൊരു ചിന്ത ക്രിസ്തീയ ലോകത്തുണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട പിന്നെ ആ രക്ഷ പൂർണ്ണമാണ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ കണ്ടോ കർത്താവ് ജനത ഇസ്ലൈമിൽ നിന്ന് രക്ഷിച്ചു ഒരു വീണ്ടും ഞാൻ ആ പെസഹായും ചോരത്തളിയും ഒക്കെ അവരാചരിച്ചു പക്ഷെ വിശ്വസിക്കാഞ്ഞത് കൊണ്ട് പിന്നത്തേതിൽ അവരെ നശിപ്പിച്ചു അതുകൊണ്ട് വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം കാരണം വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാണല്ലോ കർത്താവിൻ്റെ ഒരു പ്രമാണം ആ കാര്യം നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം ഒടുവിലായി മത്തായി എഴുതിയ സുശേഷം പത്താം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കർത്താവ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അവരെ പല സ്ഥലങ്ങളിലേക്ക് ഈ സാക്ഷ്യവുമായിട്ട് അയക്കുക എന്നിട്ട് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് ചെല്ലുവീൻ എന്ന് പറഞ്ഞ് പത്തിൻ്റെ ആറിൽ ആ അവർക്ക് നിർദ്ദേശം നൽകി അവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് അയയ്ക്കുന്നു അവിടെ അയക്കുമ്പോൾ അതിൻ്റെ പതിനാറാമത്തെ വാക്യം ശ്രദ്ധേയമായ വാക്യമാണ് കർത്താവ് പറയുന്നു നിങ്ങൾ ഈ സുവിശേഷവുമായി പലയിടത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ആകെയാൽ നിങ്ങളെന്ത് വേണം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനേ പോലെ കളങ്കമില്ലാത്തവരുമായി മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചും ഈ കാര്യങ്ങൾ പ്രസക്തമാണ് നമ്മളും കർത്താവിൻ്റെ ശിഷ്യരെന്നുള്ള നിലയിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിലേക്ക് ഈ സന്ദേശം നമ്മുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും എത്തിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള നമ്മളെന്ത് വേണം ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെപ്പോലെയാണ് നമ്മളെ അയക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിഷ്കളങ്കരമായിരിക്കണം ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തു വേണം നമ്മൾ ചിലരോട് സുവിശേഷം പറയുമ്പോഴോ അല്ലെങ്കിൽ പൊതുവായിട്ട് സംസാരിക്കുമ്പോഴോ ഒക്കെ ഇന്നത്തെ സമൂഹത്തിലെ പലരിലും കാണുന്ന വിഗ്രഹ ആരാധനയെക്കുറിച്ചോ അവരുടെ തെറ്റായ പഠിപ്പിക്കലുകളെക്കുറിച്ചോ ഒന്നും നമ്മൾ ദുഷിച്ച് സംസാരിക്കേണ്ടതായിട്ടില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി അവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്താൽ മതി കർത്താവിനെ യഥാർത്ഥത്തിൽ അവർ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തങ്ങളുടെ വിഗ്രഹാരാധന വിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞുകൊള്ളും അല്ലാതെ നമ്മൾ വിഗ്രഹത്തെ വിട്ടിട്ടല്ല അവർ കർത്താവിലേക്ക് വരുന്നത് യേശുവിലേക്ക് വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വിഗ്രഹങ്ങളെ വിടും ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റു മതങ്ങളെ ബുദ്ധി ഇല്ലാതെ ആവശ്യമില്ലാതെ വിമർശിച്ച് കുഴപ്പത്തിൽ പെടുകയില്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബുദ്ധിയായിട്ട് പെരുമാറണമെന്നാണ് അതുകൊണ്ട് ഈ നശിച്ചു പോകുന്ന ലോകത്തിന് രക്ഷകനായ കർത്താവിനെ കാണിക്കുക എന്നല്ലാതെ അവരുടെ ഇടയിലെ തെറ്റായ കാര്യങ്ങളെ നമ്മൾ ആ നിലയിലെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടില്ല യഥാർത്ഥത്തിൽ വിഗ്രഹത്തെ വിട്ട് വിട്ടതിന് ശേഷമല്ല ഒരാൾ യേശുവിനെ സ്വീകരിക്കുന്നത് യേശുവിലേക്ക് വരുമ്പോൾ കർത്താവിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ അവന് ബോധ്യം കൊടുത്ത് അവൻ തെറ്റായ വഴികളെല്ലാം വിട്ടുകളയും വിഗ്രഹാരാധനയും ഒക്കെയും വിട്ടുകളയും അതുകൊണ്ട് നമ്മുടെ പ്രസംഗ വിഷയം എന്തായിരിക്കണം എല്ലാവരും പാപികളാണ് യേശു ഏകരക്ഷിതാവാണ് എന്നതായിരിക്കണം നമ്മുടെ പ്രസംഗ വിഷയം അല്ലാതെ മറ്റ് ജാതീയമായ ആളുകളുടെ തെറ്റായ കാര്യങ്ങളെ നമ്മൾ വിമർശിക്കുകയോ എപ്പിസ്കോപ്പൽ സഭകളുടെ തെറ്റായ കാര്യങ്ങളെയൊക്കെ നമ്മൾ വിമർശിക്കുകയോ ഒക്കെ ചെയ്താൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുകയില്ല കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു ബുദ്ധിയുള്ളവരായിട്ടായിരിക്കണം അതേസമയം തന്നെ നിഷ്കളങ്കരും എന്ന് പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിനൊരു ഉദാഹരണം അപ്പോസ്തല പ്രവർത്തി പത്തൊൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു പൗലോസൊക്കെ എഫേസോസിൽ ചെന്നപ്പോ അവിടെ അവിടെ പൗലോസൊക്കെ വിഗ്രഹാരാധനയ്ക്ക് എതിരാണെന്ന് പറഞ്ഞ് അവിടെ വിഗ്രഹങ്ങളെ തീർക്കുന്ന ഒരു കൊല്ലൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഈ ക്രിസ്തീയതക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ അപ്പോ സ്ഥലപ്രവൃത്തി പത്തൊൻപതാം അധ്യായം അതിന്റെ മുപ്പത്തി ഏഴാമത്തെ വചനം നോക്കുക അവിടെ അവിടെ നഗരാധിപൻ നഗരാധിപൻ ഈ വലിയ കോളിളക്കമൊക്കെ കണ്ടിട്ട് രംഗം ശാന്തമാക്കാനായിട്ട് വന്നിട്ട് പറയുന്നു പൗലോസിനെ കുറിച്ച് പറയുന്നത് എന്താ അവര് അവർക്ക് ഒരു വലിയൊരു ദേവിയുണ്ട് ആർത്തമീസ് ദേവി എന്ന് പറയുന്നത് ആ ദേവിയെ പൗലോസ് ഒന്നും ദുഷിക്കുന്നവരല്ല എന്നാണ് നഗരാധിപൻ അപ്പോ സ്ഥലത്തോർത്തി പത്തൊൻപത് മുപ്പത്തി ഏഴിൽ അപ്പൊ പൗലോസൊക്കെ ഈ വിഗ്രഹാരാധന നിറഞ്ഞിരുന്ന അവിടെ ആർത്തമീസ് മഹാദേവിയുടെ വിഗ്രഹവും എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നതും അതിനെതിരെയായിരുന്നില്ല പ്രസംഗിച്ചത് മറിച്ച് എന്താ പ്രസംഗിച്ചത് കർത്താവായ യേശു പാപികളെ രക്ഷിക്കുന്നു എന്നുള്ളത് പ്രസംഗിച്ചപ്പോ അവിടെ ഒരു സഭ രൂപം ഈ ജാതികളുടെ ഇടയിൽ നിന്ന് പലരും കർത്താവിനെ സ്വീകരിച്ചു കർത്താവിനെ സ്വീകരിച്ച് അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും വിഗ്രഹാരാധനയൊക്കെ അവരിൽ നിന്ന് അകന്നുപോയി നമ്മളും ഇതിൽ നിന്നൊരു പാഠം എടുക്കണം എന്നാണ് പ്രായോഗികമായ തലത്തിൽ ഇന്നത്തെ കാലഘട്ടത്തോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നത് അപ്പോൾ സ്ഥലപ്രവർത്തി പത്തിന്റെ മുപ്പത്തേഴ് അവിടെ നഗരാധിപൻ പറയുന്നു ഇവർ നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരല്ല അപ്പൊ അവരുടെ വായിൽ നിന്ന് പൗലോസിൻ്റെയും കൂട്ടരുടെയും വായിൽ നിന്ന് ഈ ആർത്തമീസ് ദേവിക്കെതിരെ ഒരു വാക്കും വന്നില്ല വിഗ്രഹാരാധനയ്ക്കെതിരെയെല്ലാം പറഞ്ഞത് അവര് കർത്താവിനെ ഉയർത്തി കാണിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിയായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പല വിധത്തിലുള്ള നമുക്കെതിരെ വരും പത്തിൻ്റെ മുപ്പത്താറ് നോക്കുക മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും ആ പത്തിന്റെ മുപ്പത്തി ആറ് മുതലുള്ള ഭാഗങ്ങള് ഏർ കണ്ടോ അപ്പനെയും അമ്മയെയും വീട്ടുകാർ ശത്രുക്കളാകും അതിനെ അപ്പനെയും അമ്മയെയും എന്നേക്കാൾ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ ശിഷ്യത്വത്തിൻ്റെ പല പടികളെ കുറിച്ച് അവിടെ പറയുകയാണ് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശിഷ്യത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന കർത്താവിൻ്റെ തന്നെ ചില വാക്കുകളുണ്ട് ആ വാക്കുകളിലൂടെ നമ്മളായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ മഹാമാരിയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചിട്ട് നമുക്ക് ഈ ഈ ചിന്തകൾ ഈ അധ്യായത്തിൽ മൂന്ന് ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വാക്കുകൾ ഭയപ്പെടണ്ട എന്ന് കാണുന്നു അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കർത്താവ് ഭയപ്പെടണ്ട എന്ന് പറയുന്നു ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഭയപ്പെടണ്ട എന്ന് പറയുന്നു മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഭയപ്പെടണ്ട എന്ന പറയുന്നു ഈ മൂന്ന് തവണ ഈ കർത്താവ് ഭയപ്പെടണ്ടെന്ന് പറയുമ്പോൾ അത് മൂന്ന് സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടവരാണ് ഏർ അതായത് അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നിങ്ങൾക്ക് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി യജമാനെ പോലെയാകുന്നത് ദാസന് മതി കർത്താവിനെ അവർ ഉപദ്രവിച്ചെങ്കിൽ നമുക്കും പീഡനങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഭയപ്പെടണ്ട എന്നാണ് അവിടെ ഇരുപത്താറിൽ പറയുന്നത് ഇരുപത്തെട്ടിൽ പറയുന്നതോ അഥവാ നിങ്ങളെ ഇവർ ഉപദ്രവിച്ചാലും നിങ്ങളുടെ ദേഹത്തെ മാത്രമേ ഇവർക്ക് കൊല്ലാൻ കഴിയുള്ളൂ ദേഹിയെയും ആത്മാവിനെയും നശിപ്പിക്കാൻ ഇവർക്ക് കഴിയൂല്ല അതുകൊണ്ട് നിത്യതയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ നിങ്ങൾ ഭയപ്പെടണ്ട എന്നാണ് ഇരുപത്തിയെട്ടിൽ പറയുന്നത് അതുപോലെ മുപ്പത്തൊന്നിലോ നിങ്ങളെ ഇങ്ങനെയൊക്കെ ആളുകളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് വിരല് ചൂണ്ടിയതിന് ശേഷം മുപ്പത്തിയൊന്നിൽ പറയുന്നു ഭയപ്പെടണ്ട ഞാൻ പറഞ്ഞത് മൂന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ മൂന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞതും മൂന്ന് കാര്യങ്ങളിലേക്ക് വരൽ ചൂണ്ടിയിട്ടാണ് കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് അല്ലാതെ വെറുതെ അത് ആവർത്തിക്കുകയായിരുന്നില്ല പ്രിയപ്പെട്ടവരെ കർത്താവ് എപ്പോഴും തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വരുമ്പോൾ അവർ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത് അവരുടെ ഭയത്തെ ശാസിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് അവർക്കെതിരെയുള്ള പ്രശ്നത്തിൽ നിന്ന് അവരെ വിടുവയ്ക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിലും ഒരു ഭയപ്പാടിൻ്റെ ഒരു അന്തരീക്ഷം ഈ കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കുറ്റകൃത്യങ്ങളും ഒക്കെ പലതും വളരെ വ്യാപകമായിട്ട് നടക്കുന്നത് കാരണം ആളുകൾ അങ്ങ് വീട്ടിലിരിക്കുന്നു പുറത്തിറങ്ങാൻ പേടിയാണ് ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒരു തണുത്ത പുതപ്പ് പോലെ ആളുകളെ ഇങ്ങനെ മൂടുന്നു അങ്ങനെയൊക്കെ വരുമ്പോ പലരും ഒരു സൂയിസൈഡൽ ഒരു ആറ്റിറ്റ്യൂഡില് കൊലപാതകവും ആത്മഹത്യയും ഒക്കെ ചെയ്യുന്ന തെറ്റായ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ നമ്മളോട് കർത്താവ് പറയുന്നു ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഒരു കാര്യം മൂന്ന് വട്ടം പറഞ്ഞാൽ അത് അത് പൂർത്തീകരണത്തെയാണല്ലോ കാണിക്കുന്നത് കർത്താവ് ഇവിടെ മൂന്ന് വട്ടം പറയുന്നു ഈ ഇരുപത്തി ആറില് ഇരുപത്തെട്ടിലെ മുപ്പത്തൊന്നില് ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് പറയുന്നു എന്നിട്ട് അതിൻ്റെ ഇരുപത്തിയെട്ടില് ഭയപ്പെടുവീൻ എന്നും പറയുന്നു എന്താ പറയുന്നത് ആരെ ഭയപ്പെടാനാ പറയുന്നത് സാക്ഷാൽ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ അതാരാണ് ദൈവം അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തിനായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവന് മറ്റൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ള വലിയ ഒരു സത്യമാണ് ഈ മൂന്ന് ഭയപ്പെടേണ്ട എന്നുള്ളതും ഒരു ഭയപ്പെടുവീൻ എന്നുള്ള ആ പ്രസ്താവനയിലൂടെയും കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം നമുക്ക് നമ്മുടെ വിശുദ്ധിയെ തേക്കാം ദൈവത്തിനായിട്ട് ജീവിക്കാം അങ്ങനെ ദൈവത്തിനായിട്ട് സമർപ്പിതരാണെങ്കിൽ കർത്താവ് മൂന്ന് സഹോദര സഹോദരി നമ്മോട് പറയുന്നു ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഇത് വ്യക്തിപരമായിട്ട് കേട്ട് ഭയത്തിൽ നിന്നും ആശങ്കകളിൽ നിന്നും ആകുലങ്ങളിൽ നിന്നും മോചനം നേടിയവരായിട്ട് നമുക്കായിരിക്കാം ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറുണ്ട്